بسم الله لله لله رب العالمين والصلاه والسلام على رسوله المصطفى بايديه واصابعه ومن تمسك بهذه الهديه قد تمام انعام بعد فقد قال الله تعالى في القران الكريم وجه هذه سبيلي ادعوا الى الله على بصيره അനപമലി തബാനിസ്ബുഹാനദ്വാഹി എന്നെ കുറിച്ചു വന്യരായ പണ്ഡിതന്മാർ സദാത്തുക്കളെ മാന്യതിഥികളെ പരിപാടിയുടെ സംഘാടകരെ സദസ്യരെ അസ്ലാമലൈക്കും വാഹ്മത്ത് വാഹി വറക്കാത്തു സമസ്ത കേരള ജമ്മിയത്തുല്ലൊരമയുടെ അമ്പത്തഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്നു ദാവ നവലോക സാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നവരെല്ലാം ഉണ്ടായിരിക്കും ദാവത്ത് എന്ന പദം ആദ്യമായി നാം വന്ന് ചിന്തിക്കാനുള്ളത് ദവത്ത് അറബി പദമാണ് ുദ്ദേശിക്കുന്ന അർത്ഥം ക്ഷണിക്കുക എന്ന അർത്ഥമാണ് ദൈവത്തിന് പൂർണമാവാൻ ദൈവത്തിൻ്റെ നാല് പ്രധാന ഘടകങ്ങൾ അത്യന്താപേക്ഷിതമാണ് നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ദാവ പൂർത്തിയാകൂ ഒന്ന് ആരാണ് ക്ഷണിക്കുന്നത് ക്ഷണിക്കുന്നത് രണ്ടാമത് ആരെയാണ് ക്ഷണിക്കുന്നത് മൂന്നാമത് എന്തിലേക്ക് ക്ഷണിക്കും നാലാമത് എങ്ങനെ ക്ഷണിക്കും ഈ നാല് കാര്യങ്ങൾ പൂർണ്ണമാവാതെ കണ്ട് ദാവയുണ്ടാവുകയില്ല ഒന്നാമതായി ദാരി വേണം ആരാണ് ക്ഷണിക്കുന്നത് ക്ഷണിക്കാൻ അർഹതയുള്ളവരെ ക്ഷണിക്കാം അർഹതയില്ലാത്ത അന്തനായ ഒരാളെ ദീനിലേക്ക് ക്ഷണിക്കുവാൻ കൊള്ളുകയില്ല ഒരന്തൻ കുറെ അന്തന്മാരെ വഴി കാണിക്കുകയാണെങ്കിൽ എല്ലാവരും അവസാനം കോട്ടയക്കരണ്ടിൽ ചാടിപ്പോയി മരിച്ചു പോകട്ടെ അപ്പൊ അന്തന് സമുദായത്തെ നയിക്കുവാൻ കഴിയുകയില്ല ക്ഷണിക്കുവാൻ കഴിയുകയില്ല ഉസ്താദ് അന്തനായാൽ ശിഷ്യന്മാരും മഹാ അന്തന്മാരാവും അപ്പോൾ ഒന്നാമതായി ക്ഷണിക്കുന്നവന് കണ്ണു കണ്ണുള്ളവർക്കെ ക്ഷണിക്കാൻ കഴിയും കണ്ണുണ്ടായാലും പോരാ മുമ്പൊരു കഥയുണ്ട് കുറെ അന്തന്മാര് കൂടി ഒരു യോഗം കൂടും നമ്മൾക്ക് അള്ളാഹുത്താരെ കണ്ണു തന്നിട്ടില്ല അപ്പം നമുക്ക് കണ്ണുള്ള ഒരാളെ മാർഗദർശിയായി സ്വീകരിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് വിജയം ഇല്ല അവിനെ എന്ത് വേണം അവസാനം തീരുമാനിച്ചു ഒരു പശു പശുവിന് കണ്ണുണ്ട് അപ്പോൾ ആ പശുവിൻ്റെ പിന്നാലെ പോവുക കണ്ണുള്ള പശുവിൻ്റെ പിന്നാലെ പോയാൽ നമുക്ക് കണ്ണില്ലെങ്കിലും ആ കണ്ണില്ലാത്ത കാര്യം നമുക്ക് പരിഹരിക്കുമെന്ന് കരുതി ഈ അന്തന്മാരെല്ലാം ചേർന്ന് പശുവിൻ്റെ പിന്നാലെ പോകാൻ തുടങ്ങി പശുവിന്റെ വാൽ പിടിച്ചു ഈ അന്തന്മാരെല്ലാം ചേർന്ന് പശുവിന്റെ വാല് പിടിച്ചപ്പോ പശു വിറളി പിടിച്ചു ഓടി പിന്നാലെ കുരുടന്മാരും ഓടി ഓടി ഓടി അവസാനം പശു ഒരു കുണ്ട ഒരു പൊട്ടക്കേണ്ടിൽ ചാടി അന്തന്മാരും അവിടെ ചാടി ചത്തു അപ്പോൾ കണ്ണുണ്ടായാൽ മാത്രം പോരാ ൾക്കാഴ്ച കൂടിപാടം ഇത് ഒരു താഴെ ക്ഷണിക്കുന്ന ആളുടെ ഒരു പ്രത്യേകത ഇതാണ് വിശുദ്ധ ഖുർആാനി അള്ളാഹു സുബാന പറഞ്ഞത് ഞാൻ അള്ളാഹു സുബാനുഭവതാലയിലേക്ക് ക്ഷണിക്കുക ഞാനും എന്നോട് പിൻപറ്റിയവരും ഉൾക്കാഴ്ചയോടു കൂടെ അള്ളാഹിലേക്ക് ക്ഷണിക്കുക അപ്പോൾ ക്ഷണിക്കുന്നവൻ്റെ ഒരു പ്രത്യേകതയാണ് ഉൾക്കാഴ്ച അപ്പോൾ ഉൾക്കാഴ്ചയുള്ളവരാണെ ദായിയാകുവാൻ പറ്റുകയുള്ളൂ ക്ഷണിക്കുവാൻ പറ്റുകയുള്ളൂ മറ്റൊരു പ്രത്യേകത ഞാനും എന്നോട് പിൻപറ്റിയും അപ്പോൾ കൂടി ആവണം ആയാൽ പറ്റുകയില്ല സയ് മുഹമ്മദ് റസൂൽഹു അലി വസ്ലമയോട് പിൻപറ്റിയ മുത്തബി ആവണം ഒരു മുബുത്തതിയാവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ അന്തന്മാരെ പോലെ അവസാനം അവരെ പിൻപറ്റിയവരെ ലേകത്തിൽ കൊണ്ടുപോയി ചാടി അപ്പോൾ ഇതെല്ലാമാണ് ഒരു ദായിക്ക് അത്യന്താപേക്ഷിതമായത് അതിനാൽ എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് നന്മ കൽപ്പിക്കുവാനും തിന്മ വിരോധിക്കുവാനും ഒരു സമുദായമുണ്ടാവുക എന്നുക്കും ഉമ്മത്തും ഇത് ഹൈരിഫിന്ന് ഇത് ഫറുദ് കിഫായ മുസ്ലിങ്ങളുടെ ഒരു പൊതുബാധ്യത ഒരു സാമൂഹിക ബാധ്യത എന്നുവെച്ചാൽ ഫറുദ് കിഫായ പണ്ഡിതന്മാർക്കെല്ലാം അറിയാം നിർവചനം ഇതാണ് ആ കാര്യം ഉണ്ടാവണം എന്ന് മാത്രം അതാര ചെയ്താലും വേണ്ടില്ല അതുണ്ടാവണം ഇത് ഫറദ് കിഫായ ഇതിന്റെ പ്രത്യേകത ഇതാരും ചെയ്തില്ലെങ്കിൽ മുഴുവൻ സമുദായവും കുറ്റക്കാരാകും തെറ്റുകാരായി ആരെങ്കിലും ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്നൊഴിവായി ആരും ചെയ്തില്ലെങ്കിലോ മുഴുവൻ സമുദായവും തെറ്റുകാരായി ഇതാണ് ഫറുദ്ഖിഫാൻ അപ്പോൾ ഒരു സഹോദരൻ തെറ്റ് ചെയ്യുമ്പോൾ മുസ്ലിം സഹോദരൻ തെറ്റ് ചെയ്യുമ്പോൾ സഹോദര ഇത് തെറ്റാണ് ഇത് ഹറാമാണ് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് അവൻ്റെ കൈ പിടിക്കുവാൻ ഒരാൾ ഉണ്ടായിത്തീരാ അതുണ്ടായാൽ സമുദായം മുഴുവനും രക്ഷപ്പെട്ടു ഇല്ല ആരും ചെയ്തില്ലെങ്കിൽ മുഴുവൻ സമുദായവും തെറ്റുകാരൻ ഈ ഒരവസ്ഥ കൂടിയ ജീ പരിമിതമായ സമയം അപ്പോൾ ഞാൻ ില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് സാധാരണ ദയവയെപ്പറ്റി പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം ദയവ എന്ന് പറഞ്ഞാൽ പൊതുരംഗത്ത് ഇറങ്ങി സ്റ്റേജിൽ പ്രസംഗിക്കൽ അതുമാത്രമേ ദയവയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവർ മാത്രമെല്ലാവരും എഴുതുകയും പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയെല്ലാം ചെയ്യുകയാണ് ദയവായെന്നുള്ള ഉത്തരവാദിത്വം പൂർത്തിയാക്കുവാൻ സ്റ്റേജിൽ പൊതുരംഗത്തിറങ്ങി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അവൻ അവൻ്റെ ഉത്തരവാദിത്വം പൂർത്തിയാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒതുങ്ങിക്കൂടുകയാണെങ്കിൽ അവൻ അവൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തവനാണെന്ന് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തി തരം താഴ്ത്തുന്ന ഒരവസ്ഥ എന്നാൽ യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കണം ദായവ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇതിന്റെ മുമ്പ് മാലിന്യം സംഗമം നടക്കുകയുണ്ടായി വാല്യങ്ങൾ മദ്രസ മായവ ചെയ്യുന്നവരാണ് അവര് ദായികളാണ് മുദരീസുമാര് ദറസ് ചെയ്യുന്നു അവർ ഒന്നാം ദായികളാണ് അവരവരുടെ ഉത്തരവാദിത്വം പൂർത്തിയാക്കുന്നു ഹത്തീബുമാര് ദായികളാണ് അവരവരുടെ ഉത്തരവാദിത്വം പൂർത്തിയാക്കുന്നു മുസ്തിമാർ ദാവാ ചെയ്യുന്നവരാണ് അവരവരുടെ ഉത്തരവാദിത്വം പൂർത്തിയാക്കും അപ്പം ഇവരെല്ലാം ദയവായി പങ്കെടുക്കുന്നവരാണ് പങ്കെടുത്ത് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാണ് പക്ഷെ ഓരോന്നിനും അതാ അതിൻ്റെതായ പരിമിതികളുണ്ടായികൾക്ക് അവർക്കൊരു പരിധിയുണ്ട് ആ പരിധിക്കുള്ളിൽ അവർ നിന്നുകൊണ്ട് അവരവരുടെ ദാവാകർത്തവ്യം നിർവഹിക്കുന്നു ഉദരീസന്മാർ അവർക്കുള്ള പരിധിയിൽ ഒതുങ്ങിക്കൊണ്ട് അവർ ദേവയുടെ കർത്തവ്യം നിർവഹിക്കുകയാണ് ഹത്തീപുമാര് അവരുടെ പരിധിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ കർത്തവ്യം നിർവഹിക്കുന്നു ഇങ്ങനെ നാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ദീനീ സ്ഥാപനങ്ങൾ മുദ്രസകൾ ദീനീ സ്ഥാപനങ്ങൾ അറബി കോളേജുകൾ ഏതെല്ലാം ഉണ്ടോ അവകളിലുള്ള പണ്ഡിതന്മാർ മുഴുവനും ദവാ ചെയ്തുകൊണ്ടിരിക്കുന്ന ദാനികൾ തന്നെയാണ് അതോടൊപ്പം എഴുത്തുകാരുതായികളാണ് അതേപോലെ ദീനിയായ പ്രവർത്തനങ്ങൾ ആരെ ക്ഷണിക്കുന്നു അവരെല്ലാം ദായികളാണ് പക്ഷേ ഈ വ്യത്യസ്ത മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ നേരത്തെ മുഖവരയിൽ സംസാരിച്ചതുപോലെ വളരെ വേദനാജനകമായ ഒരവസ്ഥ ഈ ധാവയുടെ എല്ലാ മാർഗങ്ങളും നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും വളരെ വേദനപ്പെട്ട ഒരവസ്ഥ അതായത് ഇതൊന്നും പര്യാപ്തമല്ല നാം ഒരു പുതിയ മാർഗം ആലോചിക്കേണ്ടതുണ്ട് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനത്തെ ഒരവസ്ഥ നമ്മുടെ യുവാക്കള് നല്ലൊരു വിഭാഗം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന അസാൻമാർഗിക പ്രവർത്തനങ്ങളിൽ ഒഴികിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഈ അവസ്ഥയിൽ നിന്ന് നമ്മുടെ സമുദായത്തെ രക്ഷിക്കുവാനുള്ള മാർഗമെന്ത് നമ്മുടെ നിലവിലുള്ള അവസ്ഥകളെല്ലാം അവരെ രക്ഷിക്കുവാൻ പര്യാപ്തമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ടത് പുതിയതായ ഒരവസ്ഥ പുതിയതായ ഒരു മാർഗം എന്താണെന്ന് അവരെ ഏതെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങൾ പുതിയ ഒരു പ്രവർത്തനത്തിലൂടെ നമ്മുടെ സഹോദരന്മാരെ നാം രക്ഷിക്കേണ്ടതുണ്ട് സുഖാനുഭവ താര അതിൻ്റെ തോഫിക്കേരു മാറാവട്ടെ ഏതാവട്ടെ നമ്മുടെ സമുദായം നന്നാകുവാൻ ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ സമുദായം നന്നാകുവാൻ നാം വളരെ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് പരിഷ്കരിച്ച് പരിഷ്കരിച്ചത് കൊണ്ട നമ്മുടെ മാതൃകാപുരുഷന്മാരായി നാം സ്വീകരിക്കേണ്ടത് ഏത് പ്രസംഗങ്ങൾ നമ്മുടെ മാതൃകാ പുരുഷന്മാരായി അവതരിപ്പിക്കൽ ഏത് പ്രസംഗത്തിലും ഒരു ഇംഗ്ലീഷുകാരനെയോ ഒരു ജാപ്പാൻകാരനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞനെയോ മാതൃകയാക്കുന്നു എന്നാൽ നാം മാതൃകയാക്കേണ്ടത് അവരൊന്നുമല്ല മാതൃകയാക്കേണ്ടത് നേരത്തെ പറഞ്ഞ റസൂലുള്ളയും റസൂലില്ലായുടെ സഹാപത്തിനെയും മാതൃകയാക്കിക്കൊണ്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ എന്തല്ലാതെ കണ്ട് കുറെ പരിഷ്കരിച്ച് കുറെ പ്രസംഗിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല ഒരാട്ടുടയന്റെ ഈ മാനെങ്കിലും നമ്മുടെ സമുദായത്തിന്റെ മനസ്സിൽ ഉണ്ടാക്കി തീർക്കുവാൻ നാം ശ്രമിക്കാതെ കണ്ടൊരിക്കലും നമുക്ക് വിജയമുണ്ടാവുകയില്ല മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റബി അള്ളാഹു ഖാൻ പറഞ്ഞല്ല ഒരാട്ടിടയനോട് ചോദിച്ചു നിന്റെ ആടുകളിൽ നിന്ന് ഒരാടിനെനിക്ക് വില അപ്പോൾ പറഞ്ഞത് എന്റെ യമാനന്റെ ആടാണെ അതിന് വിൽക്കാൻ നിർവഹിക്കും അപ്പൊ പറഞ്ഞു നീ പറയടാ അതിന് ചെന്നായത് ഒന്ന് പോയി എന്ന് ഒന്നെനിക്ക് അപ്പോൾ അവൻ പറഞ്ഞു ഫൈനല്ലോ അല്ല എവിടെയാണെ ഒരു കേവലം ഒരു ആട്ടിടയൻ്റെ നമ്മുടെ സമുദായത്തിൻ്റെ മനസ്സിലുണ്ടാക്കുവാൻ നാം ശ്രമിക്കാത്ത കാലത്തോളം നാം വിജയിക്കുകയില്ല അപ്പം നാം എന്ത് ചെയ്യുകയാണെങ്കിലും രാജാതിരാജനായ അത്വാഹു എല്ലാം അറിയുന്ന എല്ലാ രാസ്യവും പരസ്യവും അറിയുന്ന അദ്വാഹു താലെ നുളുക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസം നമ്മുടെ സമുദായത്തിൻ്റെ നമ്മുടെ യുവാക്കളുടെ മനസ്സിലുണ്ടാക്കി തീർക്കുവാൻ പര്യാപ്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ നാം വിജയി ഇസ്ലാമതം സ്വീകരിക്കുകയുണ്ടായി മഹാനായ ഉബൈദുലാഹിൻ മതിന് ലക്ഷദ്വീപിൽ വന്ന് ആ ദ്വീപുകൾ മുഴുവനും ഇസ്ലാമതം സ്വീകരിക്കുകയുണ്ടായി അപ്പൊ മുൻകഴിഞ്ഞ സമുദായം എങ്ങനെ നന്നായോ ആ മാർഗം തന്നെ നാമം സ്വീകരിക്കണം നമ്മൾ യഥാർത്ഥ തായികളാക്കി തീർക്കുമാറാവട്ടെ വാഹൃദ് അലഹമ്മബിലെ